ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു ഇസ്രയേലിയർ ഫലിസ്തീരുടെ മുമ്പിൽ നിന്ന് ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു ഫെലിസ്തീർ അവന്റെ പുത്രന്മാരെയും പിന്തുടർന്ന് ചെന്നു ഫീർ പുത്രന്മാരായ യോനധാൻ അഭിനാദ മെൽക്കിഷു എന്നിവരെ കൊന്നു എന്നാൽ പട ശൌലേറ്റവും മുറുകി വില്ലാളികൾ അവനിൽ ദൃഷ്ടിവെച്ചു വില്ലാളികളാൽ അവനേറ്റവും വിഷമത്തിലായി ശൗൽ തന്റെ ആയുധവാഹകനോട് ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്നു പറഞ്ഞു ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സുവന്നില്ല അതുകൊണ്ട് ശൌൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു ശൌൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണ് അവനോട് കൂടെ മരിച്ചു ഇങ്ങനെ ശൌലും അവന്റെ മൂന്ന് പുത്രന്മാരും അവന്റെ ആയുധവാഹകനും അവന്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു ൃടിപ്പോയി ശൌലും പുത്രമാരും മരിച്ചു എന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദനക്കരയുമുള്ള ഇസ്രേല്യർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങളെ വെടിഞ്ഞ് ഓടിപ്പോകയും ഫിലിസ്തീർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു പിച്ച നാൾ ഫെലിസ്തീർ വസ്ത്രം ഉരുവാൻ വന്നപ്പോൾ ശൌലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണുകിടക്കുന്നത് കണ്ടു അവർ അവന്റെ തലവെട്ടിയി അവന്റെ ആയുധവർഗവും അഴിച്ചെടുത്തു തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫിലിസ്തീയദേശത്തെല്ലായിടവും ആളയച്ചു അവന്റെ ആയുധവർഗം അവർ അസ്തോരേത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചു അവന്റെ ഉടൽ അവർ ബെത്സാന്റെ ചുവരിന്മേൽ തൂക്കീക്കി എന്നാൽ ർ ശൌലിനോട് ചെയ്തത് ഗിലയാദിലെ യാബേഷ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്നു ചെന്ന് ചുവരിൽ നിന്ന് ശൌലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളുമെടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ദഹിപ്പിച്ചു അവരുടെ അസ്ഥികളെ അവരെടുത്ത് യാബേഷിലെ വിജുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടുണ്ടു ഏഴു ദിവസം ഉപവസിച്ചു